തീർച്ചയായും എൻറെ ദാസന്മാരിൽ ഒരു വിഭാഗം ഇപ്രകാരം പറയുമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് പുറത്തുതരിക ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാകട്ടെ കരുണാനിധികളിൽ ഏറ്റവും ഉത്തമനാണ്